ാരെങ്കിലും പ്രതാപത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ സർവ്വപ്രതാപവും അള്ളാഹുസുബാനുഹു അച്ചയാലായുടേതാണ് നല്ല വാക്കുകൾ അവന്റെ അടുത്തേക്ക് ഉയരുന്നു സൽക്കർമ്മങ്ങൾ അതിനെ ഉയർത്തുകയും ചെയ്യുന്നു എന്നാൽ തിന്മകൾക്കായി തന്ത്രം മെനയുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് അവരുടെ തന്ത്രങ്ങൾ നശിച്ചുപോകുകയും ചെയ്യും